ദൈവത്തിന് സ്തുതി ഈ സുവിശേഷ മഹായോഗം എല്ലാ ആണ്ടിലും ഇവിടെ അതൊരു വലിയ ഭാഗ്യമായി കരുതുകയാണ് ഈ സുവിശേഷ യോഗം നടക്കുന്നത് മൂലം അനേകം പേർക്ക് കുടുംബസമാധാനം ലഭിക്കുന്നുണ്ട് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ മൂലം അനേകം യുവാക്കൾ മനംതിരിയുന്നുണ്ട് കൂട്ടായ്മയെ തെറ്റിദ്ധരിക്കുകയോ എതിർക്കുകയോ ചെയ്ത ആളുകൾ പോലും തങ്ങളുടെ മക്കൾ യുവാക്കന്മാരെ ഈ കൂട്ടായ്മയിലേക്ക് വരുന്നതിന് ഉത്സാഹത്തോടെ പറഞ്ഞു വിടുന്നുണ്ട് കാരണവും ആ യുവാക്കന്മാരുടെ ജീവിതത്തിൽ വരുന്നതായ മാറ്റമാണ് മദ്യപിച്ച് ലെക്ക് കിട്ടുകിടന്ന് അനേകം ചെറുപ്പക്കാര് അസുബോധമുള്ളവരായി തീരുന്നു കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായിപ്പോയ അനുയുവാക്കന്മാർ സുബോധത്തോടെ സമാധാനത്തോടെ സന്തോഷമായി ജീവിക്കുകയും പഠിക്കുകയും ഉത്സാഹപൂർവ്വം അവരുടെ ജീവിത പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു ഇതെല്ലാം ധന്യമായ അനുഗ്രഹീതമായ ചില വസ്തുതകളാണ് വിണങ്ങിപ്പോയ ഭാര്യാവർത്തക്കന്മാർ ഒരുമിച്ച് ചേരുന്നു ഒരുമിച്ച് ജീവിക്കുന്നു സന്തോഷമായി കഴിയുന്നു അതും ഭാഗികരമായൊരു നല്ല അനുഭവമാണ് കടത്തിൽ മുങ്ങി വലയുന്നതായ അനേകം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ചിട്ടയും വെടിപ്പും വന്നതോടുകൂടി ദുഃശീലങ്ങൾ മാറിയതോടുകൂടി അവരുടെ കടത്തിനൊരു പുറതി വരികയും പ്രശ്നങ്ങൾക്ക് പരിഹാരം വരികയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകുന്നു കൂലിത്തല്ലിനും മറ്റും പോയിരുന്ന അനേകം പേര് അവരുടെ സ്വഭാവത്തിലുള്ള ആ വൈകൃതങ്ങൾ മാറ്റി യേശുക്രിസ്തുവിന്റെ കുരിശന്റെ സാക്ഷികളായി മാറുന്നു വലിയ വ്യതിയാനം സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റം സംഭവിക്കുന്നു കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് ലഭിക്കുന്നുണ്ട് അതിന് ഇന്നത്തെ ഈ കൺവെൻഷനിലെ വചന കേൾവിയെ നമുക്ക് സഹായകരമായി തീരട്ടെ എന്ന് നോക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ തുടർന്ന് സംബന്ധിക്കാം നാളെയും നാളുകഴിഞ്ഞും മറ്റന്നാളും ഈ ശുശ്രൂഷ ഇവിടെ നടക്കും നിങ്ങൾ അനേകം പേര് കടന്നു വരണം ഇന്ന് വന്നിരിക്കുന്നവർ മാത്രമല്ല നിങ്ങൾ സ്നേഹിക്കുന്നവരെയെല്ലാം ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരണം അനേകമനേകം പേര് ദൈവത്തിന്റെ വചനം കേൾക്കാൻ വന്ന് ഈ മഹാഭാഗ്യം വചനത്തിന്റെ അത്ഭുത ശക്തി അതിനായി നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് തിരുവനന്തപുരത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം ദിനവൃത്താന്ത പുസ്തകം ഒന്നാമത്തെ ദിനവൃത്താന്ത പുസ്തകം നാലാം അധ്യായത്തിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർവിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥമെനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി വേദപുസ്തകത്തിൽ എന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഇന്ന് രാത്രി ചിന്തിക്കാനാണ് ഞാൻ മുതിരുന്നത് എന്ന കഥാപാത്രം അതിനു മുൻപോ അതിനു പിൻബോ ഈ അഭ്യാസിനെക്കുറിച്ച് നാം വായിക്കുന്നില്ല എന്നാൽ ഈ അഭ്യാസെന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ചുറ്റി മനുഷ്യജീവിതത്തിൽ വരുന്നതായ അനേകം അനേകം അനുഭവങ്ങളുടെ അത്ഭുതകരമായ വിപര്യങ്ങൾ ചിന്തിപ്പാൻ ഞാൻ കർത്താവിന്റെ കഥയിൽ ശരണപ്പെടുകയാണ് അഭ്യാസ് വളരെ ക്ഷീണിതമായ അവസ്ഥയിൽ നിന്ന് വളർന്ന് വളർന്നു ഉയർന്നുയർന്ന് വളരെ ശ്രേഷ്ഠമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ വായിച്ച വേദഭാഗത്തിന്റെ പൊരുളത് വളരെ ദയനീയമായൊരു സ്ഥിതിയിലായിരുന്നു വളരെ ശോചനീയമായ ഒരു അവസ്ഥയായിരുന്നു ആർക്കും സഹതാപം തോന്നുന്ന ഒരവസ്ഥയായിരുന്നു എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് വളർന്നും ഉയർന്നും ഏറ്റവും ശ്രേഷ്ഠവും മാന്യവും ധന്യവുമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അഭ്യാസ് വളർന്നു എന്നാണ് ഈ ഭാഗത്തിന്റെ ഏതാണ്ട് ആശയം നമുക്ക് വിശദമായി അത് പഠിക്കാം അതിനുമുമ്പ് എനിക്ക് നിങ്ങളോട് വേറെ ചില കാര്യങ്ങൾ ആമുഖമായി പറയാനുണ്ട് ജീവിതത്തിൽ ഇന്ന് ക്ഷീണാവസ്ഥയിലിരിക്കുന്നതായി ഇന്ന് വിഷമിക്കുന്ന സ്ഥിതിയിലിരിക്കുന്നവരായി ഇന്ന് മനോഹാരപ്പെട്ട് ഉള്ളു നൊന്ത് വലയുന്നവരായി മുന്നോട്ട് ഒരു ഗിരിയില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരായിട്ട് ആരെല്ലാം ഉണ്ട് എല്ലാ വിധത്തിലും വഴിയെല്ലാം അടഞ്ഞ് നെടുവീർപ്പും കണ്ണീരും ദുരിതവുമായി വലയുന്നവരാരെല്ലാമുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പ്രിയപ്പെട്ടവർ ഓ ഈ പാട്ടുപാടി കണ്ണുനീരെന്ന് മാറുമോ എന്ന് അത് തന്നെ എന്ന് കണ്ണീരെന്ന് തീരും എന്ന് തോരും അത് തന്നെ ഇപ്പോൾ ഷാന്തി പാടി ആ ഒരേ പാട്ട് തന്നെ അതേ പാട്ട് തന്നെ യാദൃശ്യമായി ന്യൂയോർക്കിൽ നിന്ന പ്രിയപ്പെട്ട വർഗീസ് സാറും പാടി സാറ് മലയാളത്തിലും ഹിന്ദിയിലും അത് പാടി ഞാന് ഓർത്തു എന്തായിരിക്കും ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ ഈ പ്രസക്തി എല്ലാവരും പുറമേ കണ്ണുനീര് തൂവുന്നില്ലെങ്കിലും ഉള്ളിൽ കരയുന്നവരെയാണ് ുള്ളിൽ കണ്ണീരണിയുന്നവരാണ് ഉള്ളിൽ ദുരിതമനുഭവിക്കുന്നവരാണ് ആർക്കും മാറ്റമില്ല ജീവിതമാകെ വിരസമായി ജീവിതമാകെയും അടുത്ത് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ എന്നും നെടുവീർപ്പും എന്നും ദുഃഖവും എന്നും വിഷാദവുമായി കഴിയുന്ന ആളുകളാണ് ധാരാളം ധാരാളം ആളുകൾ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളീ ആയിരക്കണക്കിന് ആളുകൾ പോരാ പതിനായിരക്കണക്കിന് ആളുകൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളൊന്നും ചിന്തിക്കൂ വ്യക്തി വ്യക്തിയായി അവനവന്റെ കാര്യവും ചിന്തിക്കൂ വാസ്തവമായ ഒരു സംതൃപ്തി ജീവിതത്തിലുണ്ടോ വാസ്തവമായ ഒരു സന്തോഷം ജീവിതത്തിലുണ്ടോ എന്തെന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങളെ അലട്ടുന്നത് ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നില്ലേ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിരാശയില്ലേ നിങ്ങളുടെ വഴിമുട്ടി വലയുന്ന പല വിഷയങ്ങളും നിങ്ങളെ അമ്പരപ്പിക്കുന്നില്ലേ പരിഭ്രമിപ്പിക്കുന്നില്ലേ വീട്ടിലെ പ്രശ്നങ്ങളാകാം ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളാകാം വ്യക്തിപരമായ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളാകാം മറ്റാരോടും പറയാൻ വയ്യാത്തതായ ചില നിഗൂഢ നൊമ്പരങ്ങളാകാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്നതായ അനേകമനേകം കാര്യങ്ങൾ ഇങ്ങനെ ജീവിതം വീർപ്പുമുട്ടി നിൽക്കുന്ന മനുഷ്യന് അവന് വേണ്ടത് ഒരിറ്റ സമാധാനം മാത്രമാണ് എത്രയോ പേര് മരിച്ചാൽ മതിയെന്ന് ഓർക്കുന്നവരുണ്ട് മരിക്കാൻ കൊതിച്ചവര് മരിക്കാൻ ശ്രമിച്ചവര് ആത്മഹത്യ ചെയ്യാൻ ഉദ്യമിച്ചവര് ആത്മഹത്യക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തവർ എന്നാൽ ഭാഗ്യവശാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവര് ജീവിതം വിരസമായി ആർക്കു വേണ്ടി ജീവിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം എന്നി ആർക്ക് വേണം ഞാനങ്ങ് മരിച്ചു തീരുകയല്ലേ നല്ലത് ഞാനങ്ങ് ഒഴിവായേക്കാം എന്നെല്ലാം ചിന്തിക്കുന്നതായി ചിന്തിച്ചവരായ ആളുകൾ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവരിൽ ഒരു കാലത്ത് ചിന്തിച്ചവരായ ആളുകൾ ഇരിപ്പുണ്ട് എനിക്കറിയാം നിങ്ങൾ അനേകം പേരെ മരിക്കാൻ ശ്രമിച്ചവരാണ് ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിച്ചവരാണ് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം ആത്മഹത്യ യാക്കിയവരോട് ഇരിപ്പുണ്ട് രണ്ട് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ നോക്കിയവരുടെ ഇരിപ്പുണ്ട് ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ട് കൈയിന്റെ നരവ് മുറിച്ച് ചോര ചീറിത്തറിക്കുന്നത് കണ്ടിട്ട് ഒരു വാളം ഉറക്കവിളികൾ വായി വായിലിട്ട് എന്നിട്ട് സുബോധമില്ലാതെ ബോധം കെട്ട് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നവര് എഴുന്നേറ്റ് വന്നവരോട് ഇരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണതിന് എല്ലാം കാരണം ജീവിതത്തിൽ സ്വസ്ഥതയില്ല ജീവിതത്തിൽ സമാധാനമില്ല ഒരു നല്ല കാലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല ഇനി എന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടുമെന്നുള്ളതായി ആശയില്ല എന്റെ ഭർത്താവ് എന്നോട് സ്നേഹമാകുമെന്നുള്ള പ്രതീക്ഷയില്ല എന്റെ ഭർത്താവ് എന്നെ വിട്ട് അന്യ സ്ത്രീയുടെ കൂടെ പോയി കഴിയുന്നു ഇനി അദ്ദേഹത്തെനിക്ക് തിരിച്ചു കിട്ടുന്നുള്ളതായി പ്രതീക്ഷയില്ല അവർ സന്തോഷമായി കഴിഞ്ഞോട്ടെ ഞാനങ്ങ് വഴിമാറി കൊടുത്തേക്കാം എന്ന് ചിന്തിച്ചതായ ആളുകളുടെ ഇരിപ്പുണ്ട് ഞാനും വഴിമാറിക്കൊടുത്തേക്കാം അവർ സന്തോഷമായി ജീവിക്കട്ടെ അങ്ങനെ പറയുന്നെങ്കിൽ ഉള്ളിൽ വൈരാഗ്യമാണ് ഉള്ളിൽ കടുത്ത വിഷാദമാണ് എന്നാൽ മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ചവരെ മരിക്കാൻ ശ്രമിച്ചവരോട് ഇരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സ്വസ്ഥത കാണാതെ വേഴാമ്പൽ വെള്ളത്തിന് മഴവെള്ളത്തിന് വേണ്ടി കൊതിക്കുന്നത് പറയുന്നത് ജീവിതത്തെ സമാധാനത്തിന് വേണ്ടി ദാഹിച്ചു വലഞ്ഞവര് എത്രയോ പേരാണ് ഇവിടെ ഞാൻ പറയും നിങ്ങൾ അനേകം പേർക്ക് സമാധാനം കിട്ടാതിരിക്കാൻ കാരണം തന്നെ സ്നേഹത്തിന് നിങ്ങൾ കൊതിച്ചിട്ടും കിട്ടിയില്ല എന്നുള്ളതാണ് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്തവരോട് ഇരിപ്പുണ്ട് ഭർത്താവിന്റെ സ്നേഹം കിട്ടാത്തവരോട് ഇരിപ്പുണ്ട് ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിട്ടും കിട്ടാതെ തള്ളപ്പെട്ടവനെ പോലെ കഴിഞ്ഞ പുറംകുള്ളിയായി കഴിഞ്ഞ ഭർത്താക്കന്മാരോട് ഇരിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിട്ട് സ്നേഹത്തിന്റെ കണിക പോലും കിട്ടാതെ അങ്ങനെ മനസ്സൂഷ്ണിച്ചു വലഞ്ഞു പോയവരോട് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട് നിങ്ങളോട് പറയട്ടെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചവര് സമാധാനത്തിനുവേണ്ടി കാക്ഷിച്ചവര് ജീവിതത്തിലൊരു മനസ്സുഖം കിട്ടാൻ കൊതിച്ച് എന്തെല്ലാം ഏതെല്ലാം വഴികൾ തേടിയാലാണ് സുഖം കിട്ടുക എന്ന് ഓർത്തലഞ്ഞവര് അനേകം പേരും കൂടെ അവരെ എല്ലാം ഒന്ന് എഴുന്നേൽപ്പിച്ചാൽ കൊള്ളാമെന്നെനിക്കുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ സാധിക്കാതെ ആത്മഹത്യ ശ്രമം പരാജയപ്പെട്ട് ജീവനോടുകൂടി ഇരിക്കുന്നവര് അവര് യേശുവിനെ കണ്ടെത്തിയതിന്റെ ഫലമായി ഈ കൂട്ടായ്മയിൽ തന്നെ വന്ന് വചനം കേട്ടതിന്റെ ഫലമായി വചനമാകുന്ന ക്രിസ്തുവയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതിന്റെ ഫലമായി സമാധാനവും ശാന്തിയും അനുഭവിച്ചവര് അവരെ ദയവായിട്ടൊന്ന് എഴുന്നേരി നിൽക്കാമോ മനുഷ്യരൊന്ന് കാണട്ടെ നിങ്ങൾക്ക് വന്ന ആ അത്ഭുതകരമായ ഭാഗ്യം നിങ്ങൾ കൈവന്നതായ വീണ്ടും ജീവിക്കാൻ ലഭിച്ചതായ സൌഭാഗ്യം വീണ്ടും ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയല്ലോ എന്നുള്ളത് കൊണ്ട് സന്തോഷിക്കുന്നതായ ആ സൌഭാഗ്യം മരണം മുന്നിൽ കണ്ടതാണ് മരിക്കുന്നുവെന്ന് കണ്ടതാണ് മരിക്കുന്നത് അറിഞ്ഞതാണ് ചോര വാർന്നൊലിക്കുന്നത് കണ്ടതാണ് കൈയിന്റെ ഞരമ്പ് പുറഞ്ഞ് ചോര പോകുന്നത് കണ്ടതാണ് കയറുകെട്ടി തൂങ്ങി വീണത് ചാടിയതാണ് കയറിൽ തൂങ്ങിയതാണ് സെക്കൻഡുകൾക്കുള്ളിൽ ആൾ വന്നില്ലായിരുന്നെങ്കിൽ തീർന്നേനെ ഐസ് അങ്ങനെയുള്ള എത്രയോ ഉപയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് സ്നേഹിതരെ നിങ്ങൾ പറയട്ടെ ഇതുപോലെ മനസ്സ് നൊന്ത് വിങ്ങി വലഞ്ഞുപേയവര് ജീവിതം ആശയച്ചു പോയവര് ജീവിതം നിരാശ കൊണ്ടുപോയവര് സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിട്ട് സ്നേഹം കിട്ടാതെ അഴലാർന്നവര് ഇന്ന് രാത്രി നിങ്ങൾ എഴുന്നേറ്റ് നിന്നത് നന്നായി ദൈവത്തിന് സ്തോത്രം നിങ്ങളെപ്പോലെ മനസ്സ് വീർപ്പ് മുട്ടിയിരിക്കുന്ന അനേകർ ഇവിടെ ഇരിപ്പുണ്ട് ജീവിതം ഉഷ്ണിച്ചു പോയവരനേകരിപ്പുണ്ട് ഭാവി ഇരടഞ്ഞു പോയവരനേകരിപ്പുണ്ട് ഇനിയും ആശയ്ക്ക് വകയുണ്ട് എന്നവരും ഒന്നറിയട്ടെ അവരും കാണട്ടെ ജീവിക്കുന്നത് നല്ലതാണെന്ന് അറിയട്ടെ കർത്താവ് തന്നെ ആയിസ് നശിപ്പിക്കാനുള്ളതല്ല എന്നറിയട്ടെ ആത്മഹത്യ ചെയ്ത് കളയേണ്ടതല്ല ജീവിതം യേശുക്രിസ്തു ഹൃദയത്തിൽ വന്നാൽ അത്ഭുത ശാന്തി ലഭിക്കുമെന്ന് ലോകമെന്ന് കർത്താവായി യേശുക്രി പ്രവർത്തിക്കുന്നുണ്ടായെന്ന് ലോകം ഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ ആത്മാവ് മനുഷ്യ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ലോകമൊന്നറിയട്ടെ സമാധാനത്തിന്റെ രാജാധി രാജൻ ഇന്ന് മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഈ സാക്ഷ്യം മൂലം ലോകം കോഴ്മയിൽ കൊള്ളട്ടെ അനേകരുടെ ജീവിതം കോരിത്തരിക്കട്ടെ അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശ വളരട്ടെ അനേകർക്ക് സമാധാനം ലഭിക്കട്ടെ ദൈവനാമം മഹുത്തുപടട്ടെ ദൈവമായി നിങ്ങളിരിക്കുക നമുക്കൊരു ിച്ചെന്ന് പാടാം കാലമെല്ലാം കഴിയൂ ഇന്നും കാണുമതെല്ലാം കാണുന്നതെല്ലാം വഴിയും പിന്നെ ഒരു പുതിയ യുഗം ഇരിയും നാമോ തിരികെ വരാതെ മറയും ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പോകും ഡോക്ടർ ജോജി പ്രസംഗിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനൊന്ന് എങ്ങലടിച്ചു ഞാനൊന്ന് വിതുമ്പി ഡോക്ടർ ജോജി പറഞ്ഞു ഓരോ കൺവെൻഷനും വരുമ്പോൾ അടുത്ത കൺവെൻഷനിൽ ഞാൻ എന്ന് ചിന്ത വരുന്നു എന്ന് ദൈവത്തിന് സ്തോത്രം ഡോക്ടർ ജോജിക്ക് മാത്രമല്ല നമുക്ക് ആർക്കും ഉറപ്പില്ല അടുത്ത വർഷത്തെ കൺവെൻഷനിൽ നാം ഈ ഭൂമി ഉണ്ടായിരിക്കുമോ എന്ന് അടുത്ത വർഷത്തെ കൺവെൻഷനു മുൻപായി പ്രിയപ്പെട്ടവരെ നാം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമോ നമ്മുടെ ശരീരം മണ്ണിന്റെ അടിയിലായിരിക്കുമോ ആർക്കറിയാം നമുക്കാർക്കും അറിഞ്ഞുകൂടാ അല്ല അതിന് മുൻപ് അടുത്ത വർഷത്തെ കൺവെൻഷനു മുമ്പ് കർത്താവായ യേശു വീണ്ടും വരുമോ നമുക്കറിഞ്ഞുകൂടാ എന്താണ് സംഭവിക്കുന്നത് കാലമെല്ലാം കഴിയും എല്ലാം എല്ലാം കഴിയും ഇന്ന് കാണുന്നതെല്ലാം അഴിയും ഇന്ന് കാണുന്നതെല്ലാം തീർന്നുപോകും കാലമെല്ലാം കഴിയും ഇന്ന് കാണുന്നതെല്ലാം അഴിയും പിന്നെ പുതിയുഗം ഇരിയും നാമോ തിരികെ വരാതെ അനന്തതിയിലേക്ക് മറയും തിരികെ നിത്യതയിലേക്ക് തിരികെ വരാത്തതായി അനന്തതയിലേക്ക് നാമം നാമം നാമം മറഞ്ഞുപോകും ഓർക്കൂ യേശു വരും യേശു വരുമ്പോൾ വിശുദ്ധന്മാർ മാത്രം ചേർക്കപ്പെടും ഇന്ന് നമുക്ക് കണ്ണുനീരുണ്ട് ഇന്ന് തോര കണ്ണുനീരാണ് ഇന്ന് തീരാ ദുഃഖമാണ് ഇന്ന് മാറാ വേദനയാണ് ഇന്ന് മാറാ വ്യാധിയാണ് ഇന്ന് പലതരം പ്രതിസന്ധികൾ നമ്മെ അലട്ടുന്നുണ്ട് ഇന്ന് പ്രശ്നങ്ങൾ നമ്മെ ചൂഴ് നിൽക്കുന്നുണ്ട് നമ്മി നമ്മുടെ ജീവിതത്തിൽ നാം വലഞ്ഞു പോകുന്ന അനേകം കാര്യങ്ങളുണ്ട് അമ്പരപ്പിലാണ് നമ്മൾ പലരും പരിഭ്രാന്തിയിലാണ് പലരും പലരും ഭയപ്പാടിലാണ് ഭീതി നമ്മെ അലട്ടുന്നുണ്ട് സ്നേഹിതരെ എന്നാ നിങ്ങളോട് പറയട്ടെ കർത്താവായേശുക്രിസ്തു ഇന്ന് രാത്രി നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരിയ്ക്കുന്നിടത്ത് അരികത്ത് വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ നിങ്ങളുടെ മുഖം ഒന്ന് ഉയർത്തി തരാനാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ശാന്തി പകരാനാണ് നിങ്ങൾക്ക് സമാധാനം തരാനാണ് നിങ്ങൾക്ക് സ്വസ്ഥത തരാനാണ് ജീവിതത്തിൽ നല്ല സ്വഭാവ തരാനാണ് ഇനിയും നല്ല കാലം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു തരാനാണ് നിങ്ങൾക്ക് ഒരിടത്തും സ്നേഹം കിട്ടിയില്ല ഭാര്യുടെ സ്നേഹം കിട്ടിയില്ല ഭർത്താവിന്റെ സ്നേഹം കിട്ടിയില്ല മക്കളുടെ സ്നേഹം കിട്ടിയില്ല മാതാപിതാക്കളുടെ സ്നേഹം കിട്ടിയില്ല നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെയുള്ളവരെല്ലാം നിന്നെ കുത്തുകയും നിന്നെ വേദനിപ്പിക്കുകയും ചെയ്തു ശരി ഈ സ്നേഹം ഒരിടത്തും കിട്ടിയില്ല ആദരവരിടത്തും കിട്ടിയില്ല നിന്നെ അംഗീകാരം നിന്നെ ആരും അംഗീകരിച്ചില്ല എന്നാൽ പ്രിയനെ നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട് നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട് സ്നേഹിക്കുന്ന യേശു നിന്നെ കരുതുന്ന യേശു നിന്നെ കാണുന്ന യേശു യേശു ക്രിസ്തു ഇപ്പോൾ നിന്റെ അരികത്തേക്ക് വരികയാണ് ദൈവവൈതലേ നീ ഏത് സഭയിലുള്ളവനാണെങ്കിലും ഏത് സമുദായത്തിലുള്ളവനാണെങ്കിലും ഏത് സാഹചര്യത്തിലുള്ളവനാണെങ്കിലും പണം ഉണ്ടോ ഇല്ലയോ എന്ന് കർത്താവ് നോക്കുന്നില്ല വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നില്ല സ്നേഹിതോട് പറയട്ടെ ഇന്ന് രാത്രി യേശു നിന്റെ അരികത്തേക്ക് വരികയാണ് നിന്റെ മുഖം ഉയർത്തി തരാനാണ് അവൻ വരുന്നത് നിന്റെ നിരാശ മാറ്റാനാണ് വരുന്നത് നിന്റെ ഹൃദയത്തിൽ ശാന്തി പകരാനാണ് അവൻ വരുന്നത് നിന്റെ തലമേൽ തന്റെ കരം വെച്ച് നിന്നെ അനുഗ്രഹിക്കാനാണ് വരുന്നത് നിന്റെ രോഗം മാറ്റാനാണവൻ വരുന്നത് നിന്റെ കടത്തിന് പുറത്തു അവൻ വരുന്നത് നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ കർത്താവായി യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ് അവൻ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ് അവൻ സ്നേഹം പകരം ദൈവമാണ് അവന് സ്നേഹത്തിന്റെ നിറകുടമാണ് അവൻ സ്നേഹത്തിന്റെ നികേതനമാണ് അവൻ കാരുണ്യ കടലാണ് അവൻ കൃമയുടെ ഉറവാണ് അവൻ നിങ്ങൾ തേടി വന്നിരിക്കുകയാണ് ഇന്ന് രാത്രി അവന്റെ ആണിപ്പാടലകരം നിങ്ങളുടെ നേരെ ഉയർത്തിയിരിക്കുകയാണ് ആ കര നിങ്ങളുടെ നേരെ ഉയർത്തിക്കൊണ്ട് അവൻ നിങ്ങളെ സ്നേഹത്തോടെ ചേർത്തണച്ച് വാത്സല്യപൂർവ്വം തഴുകുവാനായി അവൻ നിങ്ങളെ അടുപ്പിക്കുകയാണ് പ്രിയരെ അവൻ നിങ്ങളെ പേരചൊല്ലി വിളിക്കുകയാണ് അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് അവൻ നിങ്ങളെ കണ്ണുനീര് തുടയ്ക്കുകയാണ് അവൻ നിങ്ങളുടെ മേൽ തന്റെ കരം വയ്ക്കുകയാണ് കളലൂയ ദൈവത്തിനു സ്ത്രോത്രം കാരുണ്യവനായ ക്രിസ്തു ഇന്ന് നിങ്ങൾക്ക് ആശ്വാസം തരാൻ വന്നിരിക്കുകയാണ് സമാധാനം തരാൻ വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഒരു പത്രം ഓഫീസിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന് ഒരു കെട്ട് കടലാസുകൾ കിട്ടി എല്ലാം കവിതകളാണ് കവിതകൾ അറ്റ്ലാന്റിക് വീഖിലി എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ജേണലുണ്ടായിരുന്നു ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു അതിൽ പ്രസിദ്ധീകരിക്കാൻ പലപ്പോഴും അവൻ അയച്ച കവിതകളാണ് എല്ലാം കെട്ടി പാക്ക് ചെയ്ത് ഇവനതിരെ കിട്ടി ഒരെണ്ണം പോലും പ്രസിദ്ധീകരിക്കാൻ യോഗ്യമല്ല ഒരെണ്ണം പോലും പ്രസിദ്ധീകരിക്കാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞ് പത്രാധിപര് തിരിച്ചയച്ചതാണ് ആ ചെറുപ്പക്കാരന്റെ പേര് നിങ്ങൾക്ക് കേൾക്കണമോ അവന്റെ പേരാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഈ ഇംഗ്ലീഷ് സാഹിത്യം അറിയാവുന്നവർക്ക് റോബർട്ട് ഫ്രോസ്റ്റ് കേട്ടാൽ ഉള്ളിൽ ആദരവ് ഉയരും കാരണം ലോകത്തിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ കവിവരന്മാരിൽ ശ്രേഷ്ഠനായ കവി പക്ഷെ അദ്ദേഹം ഒരു കാലത്തെഴുതിയ കവിതകളൊന്നും പ്രസിദ്ധീകരിക്കാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞു തിരിച്ചയച്ചതാണ് അതെല്ലാം തിരിച്ചയച്ചു കിട്ടിയപ്പോൾ നിരാശപ്പെട്ടില്ല അദ്ദേഹം പിന്നെയും കവിത എഴുതി പിന്നെ പിന്നെ എഴുതിയ കവിതകളിൽ വിശ്വോത്തര കാവ്യങ്ങളായി മാറി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവൻ തീ എഴുതി പി എച്ച് പ്രബന്ധം എഴുതി ആ പ്രബന്ധം അവൻ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തു അവന്റെ യൂണിവേഴ്സിറ്റിയിൽ പരിശോധിക്കുന്നവര് തിരിച്ച് അതിലടിയിൽ നോട്ട് ചെയ്തു ഇവന് ഡിഗ്രി കൊടുക്കാൻ യോഗ്യനല്ല പി യോഗ്യനല്ല ഈ തീസിസ് അല്പം പോലും വിലയുള്ളതല്ല എന്ന് പറഞ്ഞ് അവരടിയിൽ നോട്ട് എഴുതി ആ ചെറുപ്പക്കാരന്റെ പേരെന്താണെന്ന് അറിയണോ ആൽബർട്ട് എയിൻസ്റ്റീൻ ആരാണ് ഏൻസ്റ്റീൻ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ എന്റെ പി എച്ച് ഡി തീയസിസ് റിജക്റ്റ് ചെയ്തെങ്കിലും ഞാൻ മാറില്ല ഞാൻ പുറകോട്ട് മാറില്ല എന്ന് വിചാരിച്ചു ഉത്സാഹത്തോടെ മുന്നോട്ട് പഠിച്ചു എയ്ൻസ്റ്റീൻ വിശ്വോത്തര ശാസ്ത്രജ്ഞനായി ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ ജീവിതത്തിൽ ഇതുപോലുള്ളതായ കാര്യങ്ങൾ ഇതുപോലുള്ളതായ എത്രയെത്ര കാര്യങ്ങൾ ജീവിതത്തിൽ എല്ലാം തകർന്ന് പരിശ്രമമെല്ലാം തകർന്ന് പഠിക്കാൻ ഒരു സാധ്യതയുമില്ലാതെ വിഷമിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവന്റെ അവനെ ഈ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകൻ അവനെ കുറിച്ച് പ്രോഗ്രസ് റിപ്പോർട്ടിലെഴുതി ഹോപ്പ്ലെസ് ഹോപ്പ്ലെസ് ശയ്ക്ക് വകയില്ല ഈ ചെറുപ്പക്കാരൻ പിന്നീട് ആരായിന്നറിയാമോ ആളാണ് വിൻസ്റ്റൺ ചർച്ചിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചർച്ചിലേക്കുറിച്ച് ഞാനിത് പറയാൻ കാരണമുണ്ട് ഇന്ന് തൽക്കാലം നിങ്ങൾ ക്ഷീണിതരാണ് ഇന്ന് തൽക്കാലം നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് തൽക്കാലം നിങ്ങൾ കടത്തിൽ മുങ്ങി വലയുകയാണ് തൽക്കാലം നിങ്ങൾ രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് തൽക്കാലം നിങ്ങൾക്ക് ജോലിയില്ലാതിരിക്കുകയാണ് തൽക്കാലം നിങ്ങൾക്ക് വീട്ടിൽ അലസന്ധയാണ് അമ്മായി മരുമോളും തമ്മിൽ പിണക്കമാണ് വീട്ടിൽ പലതരത്തിലുള്ളതായ പ്രതിസന്ധികളാണ് ജോലിസ്ഥലത്ത് ഒറ്റുപെടി പ്രശ്നങ്ങളാണ് തൽക്കാലം അവിടെ നിൽക്കട്ടെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്കിനി ഒരു നല്ല കാലം തരാൻ യേശു ജീവിക്കുന്നുണ്ട് തളരരുത് ഇന്ന് നിങ്ങൾ പിണങ്ങിയിരിക്കുന്നു പക്ഷെ നിങ്ങൾ ഇണക്കാൻ യേശുണ്ട് ഇന്ന് നിങ്ങൾ പലരും അകന്നിരിക്കുന്നു നിങ്ങൾ അടുപ്പിക്കാൻ യേശുണ്ട് നിങ്ങൾ ചിലരും ഭിന്നിച്ചിരിക്കുന്നു നിങ്ങളെ ഒന്നിപ്പിക്കാൻ യേശുണ്ട് ഇന്ന് നിങ്ങൾ ചിലര് നിരാശപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ നിരാശ മാറ്റാൻ യേശുണ്ട് നോക്ക് വായിക്കാം ഈ അബ്ബേസ് ഏറ്റവും മാന്യനായിരുന്നു അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ ഈ അബ്ബേസ് എന്ന് പേരിട്ടു പ്രസവിച്ചപ്പോൾ തന്നെ ഒരു ദുഃഖപുത്രൻ ഈ അബ്ബേസ് എന്ന് പേരിടാൻ കാരണം ഈ അബ്ബേസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഡിസ്ട്രെസ് എന്നാണ് ദുരിതമെന്ന് യാതനയെന്ന് ഈ അബ്ബേസ് ദുഃഖപുത്രനായിരുന്നു അമ്മ പ്രസവിച്ചപ്പോൾ തന്നെ മോനങ്ങ് പ്രസവിച്ചേ ഉള്ളൂ പ്രസവിച്ച അമ്മയ്ക്ക് ഈ മോനെ കാണണമെന്ന് പക്ഷേ ആ നഴ്സ് അമ്മയെ കാണിച്ചു കൊടുക്കുന്നില്ല കൊച്ചിനെ കാണിച്ചു കൊടുക്കുന്നില്ല അമ്മ നൊന്തു വെച്ചതല്ലേ ഏറെ നേരം ലേബർ റൂമില് അധ്വാനിച്ച് വേദന കൊണ്ട് അധ്വാനിച്ചല്ലേ ഈ കുഞ്ഞിനെ പ്രസവിച്ചത് എന്താണ് നേഴ്സ് കൊച്ചിനെ കാണിക്കാത്തത് അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അമ്മ വീണ്ടും വീണ്ടും ചോദിക്കുന്നു അത് ഭാവനയാണ് എന്റെ കുഞ്ഞ് എനിക്കൊന്ന് കാണാൻ കാണാമല്ലോ ആ എനിക്കൊന്ന് കാണാൻ കൊണ്ടുവരണം നേഴ്സ് വിഷമിച്ചെടുത്തുകൊണ്ട് വന്നു അമ്മ കണ്ടവാട് അയ്യോ എന്ന് വിളിച്ചു എന്തായിരിക്കും ആ കുഞ്ഞിന്റെ ശരീരത്തിന് എന്തെങ്കിലും കാര്യമായി കേടുണ്ട് ഒരുപക്ഷെ കൈ വളഞ്ഞ് പിരിഞ്ഞിരിക്കുകയാണോ കാല് അങ്ങ് ഒടിഞ്ഞ് സാധ്യമല്ലാത്തതിരിക്കയാണോ നമുക്കറിഞ്ഞുകൂടാ പ്രസവിച്ച ഉടനെ തന്നെ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അസഹ്യമായ വേദന ഇതാണ് വായിക്കുന്നത് അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ അവൻ ഈ അഭ്യാസം എന്ന് പേരിട്ടു അമ്മ അവൻ കൊടുത്ത പേരാണ് ഈ അഭ്യാസ് ഈ മോനെ കണ്ട ഉടനെ അമ്മ അവന് കൊടുത്തു പേര് ഡിസ്ട്രെസ് സോറോ ദുഃഖം ദുരിതമെന്ന് പേരിട്ടുബേസ് എന്ന് പേരിൽ തന്നെ അവനൊരു ദുഃഖപുത്രനാണ് അവനൊരു വ്യസനപുത്രനാണ് പ്രിയപ്പെട്ടവരെ ചില അമ്മമാര് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അതിനെ അമ്മമാർ പറഞ്ഞിട്ടുണ്ടോ നീ എനിക്ക് ജനിക്കാതിരുന്നെങ്കിൽ ഏതെങ്കിലും അപ്പൻ പറഞ്ഞിട്ടുണ്ടോ നീ എനിക്ക് ജനിക്കാതിരുന്നെങ്കിൽ ഒരിക്കൽ ഇന്ന് ഇവിടെ കൂട്ടായ്മയിൽ ഇരിപ്പുണ്ടോ ഒരു കൊച്ചൻ അവന്റെ അപ്പൻ രാത്രി ഏതാണ്ട് ഒരു രണ്ടു മണിയായി തോന്നുന്നു അവന്റെ അപ്പൻ യവൻ വന്ന് വാതിൽ തള്ളി നോക്കി തുറക്കുന്നില്ല യവൻ വാതിൽ രണ്ടു മൂന്ന് ചവിട്ടി കാരണം സുബോഹത്തോടുകൂടി അല്ല കുടിച്ചു ലക്കില്ലാതെ അത്ര വലിപ്പ് പ്രായവൊന്നുമില്ല കൊച്ചുപിച്ച് ഇവിടെ ഒന്നും വന്നാൽ ബിജു എന്ന അവന്റെ പേര് അവൻ അബുദാബിയിലൊക്കെ ജോലി ചെയ്തിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ബിജു ഉണ്ടെങ്കിൽ ഒന്ന് ഓടി ഈ വാതിൽ അവൻ ചവിട്ടുകയാണ് വാതിൽ ചവിട്ടി തുറക്കാൻ നോക്കി പക്ഷേ വാതിൽ തുറക്കുന്നില്ല ഒടുക്കം ചവിട്ടി പൊളിക്കുമെന്ന് മനസ്സിലായപ്പോൾ അപ്പൻ വന്ന് വാതിൽ തുറന്നു അമ്മ പേടിച്ചു നിക്കുകയാണ് ഇവൻ എന്തൊക്കെയാ ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൂടാ കാരണം അണ്ണാൻ കയറുന്നതുപോലെ ഈ പനി കയറും തെങ്ങിലും കേറും ഒരു പ്രയാസുമില്ല പനയിലെന്തെങ്കിലും കയറാൻ നാട്ടിൽ എവിടെ കല്യാണം ഉണ്ടെങ്കിലും അവിടെ കള്ള് കൊണ്ടു കൊടുക്കുന്നത് ബിജു കാരണം ഈ ഏത് വീട്ടിലും ചെന്ന് പനിയിൽ കയറി കള്ളടുക്കും അത് ചോദിച്ചിട്ട് അനുവാദം മോഷ്ടിച്ച് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ തന്നെ ഒരു പേടിയുമില്ല സാധാരണ വീട്ടിൽ കിടക്കാറില്ല വല്ല കടത്തിണ്ണിയിലോ അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ വല്ല കലങ്കിന്റെ മുകളിലൊക്കെയാണ് കിടക്കുക കുടിച്ചിലെക്കിയില്ലാതെ പ്രിയപ്പെട്ടവരേ അന്ന് ബിജു വാതിൽ അപ്പൻ വാതിൽ ഉറന്നു കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് അപ്പൻ വേഗം പോകുന്നു അമ്മ പേടിച്ചിരിക്കുക ഇവൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് സ്വബോധമില്ലാതെയാണല്ലോ കീ കൊച്ച കരിയായി പറയുന്നത് അവസാനം അപ്പനൊരു ഒരു കത്തി എടുത്തോന്നു അടുക്കളയിൽ നിന്ന് കരുക്കത്തി അമ്മ പേടിച്ചമ്പരം നിൽക്കുന്നു യവൻ ഒരു കുസുമില്ലാതെ നിൽക്കുന്നു അപ്പൻ കത്തി എടുത്തുണ്ടെന്നെ കുത്താനല്ല യവന്റെ കൈയിലേക്ക് കൊടുത്തു കൈയിലേക്ക് കത്തി കൊടുത്തിട്ട് പറഞ്ഞു മോനെ എന്നെയോ കൊന്നു തരാമോ സ്വന്തം അപ്പൻ ചോദിച്ചതാണ് അപ്പനോട് ഇരുന്ന് കേൾക്കുന്നുണ്ടോ ഇല്ലേ അപ്പനോട് കേൾക്കുന്നുണ്ടായിരിക്കും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം വഹുത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ദുഃഖപുത്രനായിരുന്നു എന്നാൽ ഇന്ന് ആശ്വാസപുത്രനായി മാറി അതിനകാരണം ആരാണെന്നറിയാമോ അതിനെ കാരണക്കാരൻ ഒരാളാണ് കർത്താവായി അതിനെ കാരണക്കാരൻ കർത്താവായേശു ക്രിസ്തു ഒരു കൂട്ടായ്മയല്ല ക്രിസ്ത്യൻ വായുവൽ ഫെലോഷിപ്പല്ല ദൈവമക്കൾ ആരുമല്ല പാപിക്കു കുരിശിൽ മരിച്ച പാപിക്കു വേണ്ടി ജീവി കർത്താവായ യേശു ക്രിസ്തു ഈ ചെറുപ്പക്കാരനെ മാറ്റിമറിച്ചു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹൂത്ത് പെടട്ടെ പ്രിയപ്പെട്ടവരെ ദുഃഖപുത്രനായി ജനിക്കുക ജനിക്കുമ്പോൾ തന്നെ ദുഃഖപുത്രന്മാരായിട്ടുള്ളവരുണ്ട് ജനിക്കുമ്പോൾ തന്നെ മാറാ രോഗം ജനിച്ച മുതല് മാറാ സങ്കടമായിരിക്കും അമ്മയ്ക്ക് ആ അപ്പനെന്ത് സങ്കടമായിരിക്കും ഈ അഭ്യാസിനെ കുറിച്ചോ ഈ അഭ്യസിനെ അഭ്യസിനെ കുറിച്ച് മുൻപോ അതിനുശേഷമോ കാര്യമായിട്ടൊന്നും പറയുന്നില്ല ആകെ ഈ അഭ്യാസിനെ കുറിച്ച് പറയുന്നത് ഈ ദുഃഖപുത്രന്റെ പേരിൽ ഒരു പട്ടണം ഉണ്ടായി എന്നാണ് അത് ചെറിയ കാര്യമല്ല ഇന്നവൻ വില കുറഞ്ഞവനാണ് ദുഃഖപുത്രനാണ് അമ്മയ്ക്ക് വ്യസനപാത്രമാണ് അവൻ വിലയില്ലാത്തവനാണ് അവൻ അവസനാണ് എന്നാൽ അവൻ ഒരാളുടെ പേരിൽ ഒരു പട്ടണം പണിയപ്പെട്ടു ഒരു പട്ടണം അറിയപ്പെട്ടു ദേവൃത്നാഥ പുസ്തകം ഒന്നാമത്തെ തിരുവനന്തപുരം രണ്ടാമത്തെ അമ്പത്തി അഞ്ചാം ബാക്കി വഹിക്കണം രണ്ടിന്റെ എൺപത്തി അഞ്ച് പട്ടണത്തിൽ പാർക്ക ഇവന്റെ പേരിൽ ഒരു പട്ടണമുണ്ടായി ആൾ മാറി ജനിച്ചപ്പോൾ വ്യസനപുത്രൻ ജീവിച്ച ആദ്യ കാലങ്ങളിൽ വ്യസനപാത്രം സമാധാനത്തിന്റെ കണിക പോലും ഇല്ലാത്തവൻ മാറാരോഗം വന്നവൻ ജനിച്ചപ്പോഴേ തന്നെ അവയവഭംഗമുള്ളവൻ ശരീരവൈകല്യമുള്ളവൻ ബുദ്ധിയില്ലാത്തവൻ ഒരുപക്ഷെ തല വല്ലാതെ വലുതായിരുന്നു ആർക്കറിയാം കാല കുറുകിപ്പോയിരുന്നു ആർക്കറിയാം കൈ വരണ്ടു പോയിരുന്നു ആർക്കറിയാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഒരു ബുദ്ധിയില്ലാത്ത കഴിവില്ലാത്ത പ്രാപ്തിയില്ലാത്ത ഒരു പാവം കൊച്ചൻ പ്രിയപ്പെട്ടവരെ നാം വായിക്കുന്നങ്ങനെയാണ് യബേസ് അവന്റെ അമ്മ ഞാൻ അവന് വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു ഇന്ന് രാത്രി വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ആരെല്ലാം ഓരോ തരത്തിലുള്ള ബലഹീനമുള്ളവരാണ് ഏ ഓരോ തരത്തിലുള്ളതായി ക്ഷീണമുള്ളവരാണ് വിലയില്ലാത്തവരായി ഇന്ന് കാണപ്പെടുന്നവരാരെല്ലാം ഉണ്ട് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയില്ല ശരീരത്തിന് ആരോഗ്യമില്ല ശരീരത്തിന് വേണ്ടത്ര കെൽപ്പില്ല സൗന്ദര്യമില്ല ആർക്കൊരു വിലയില്ല വരുമാന മാർഗമില്ല ജീവിക്കാൻ ചുറ്റുപാടില്ല മാനിക്കത്തക്ക യോഗ്യതയൊന്നുമില്ല ആർക്കും ആദരണീയമായി ഒരു പ്രത്യേകതയും കാണാനില്ല എല്ലാവരും തിരസ്കരിച്ചിട്ടിരിക്കുന്നവര് എല്ലാവർക്കും വേണ്ടാ വേണ്ട വേണ്ട എന്ന് കരുതുന്നവര് ആർക്കൊരു മാനമില്ലാത്തവര് വില കെട്ടവരെ മാനമില്ലാത്തവര് ദൈവജനമേ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ മാന്യന്മാരായി തീരാൻ പോവുകയാണ് അതാണ് ഒന്നാം വാക്യം അഭ്യാസന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു സഹോദരന്മാരെക്കാൾ മാന്യനായി മാറുകയാണ് ഇതെങ്ങനെ സാധിച്ചു എന്താണ് ഇതിന് കാരണമെന്താണ് നിങ്ങൾക്കും മാന്യന്മാരാകാം നിങ്ങൾക്കും വിലയുള്ളവരാകാം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾക്കും മാന്യന്മാരാകാം നിങ്ങൾക്കും വിലയുള്ളവരാകാം ഇതെങ്ങനെ സാധിക്കും നമുക്ക് വായിക്കാം അടുത്ത വാക്യം വായിക്കാം ഞാൻ അവനവ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ അവന് പേരിട്ടു അടുത്ത വാക്യം അബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർവിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെയിരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാനവണ്ണം എന്നെ കാത്തുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു ദൈവത്തിന് സ്ത്രോത്രം ഈ അഭ്യാസ് ദൈവത്തോടപേക്ഷിച്ചു ഇത് മാത്രമേ പോം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കുറവുണ്ടോ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു പോരായ്മയുണ്ടോ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ബലഹീനതയുണ്ടോ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അധരങ്ങളുടെ യാതെ നിഷേധിക്കാത്തൊരു ദൈവമുണ്ട് കണ്ണുനീര് മാനിക്കുന്ന ആ ഒരു ദൈവമുണ്ട് ഏ എങ്ങലടികൾ ഒപ്പിയെടുക്കുന്നൊരു ദൈവമുണ്ട് മനസ്സിന്റെ നൊമ്പരങ്ങൾക്ക് ആശ്വാസം പകരുന്നൊരു ദൈവമുണ്ട് സമൂഹത്തിൽ നിങ്ങൾ വില കെട്ടു പോയിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ നിങ്ങൾക്ക് കുറഞ്ഞു പോയിരിക്കുകയാണ് നിങ്ങൾക്ക് ചില പോരായ്മകൾ സംഭവിച്ചിരിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട് ജീഇനുള്ള ദൈവം യൈവത്തോടപേക്ഷിച്ചു ദൈവത്തോടവൻ അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചു എന്നാണ് വായിക്കുന്നത് ദൈവത്തെ അപേക്ഷിച്ചു അഞ്ചു കാര്യം ഈ അഭ്യാസ അപേക്ഷിച്ചു അഞ്ച് കാര്യം എണ്ണി എണ്ണി അവൻ പറഞ്ഞു ചോദിച്ചു ദൈവത്തോടൊന്നായി അവൻ ചോദിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എന്റെ സ്നേഹിതരെ ഏതിങ്ങോട്ട് പറയട്ടെ ഞാൻ എന്റെ ബാല്യപ്രായത്തിൽ തന്നെ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഞാൻ കാണാതെ പഠിച്ചു ഒരു ഇംഗ്ലീഷ് വാക്യം വേദവസിലൊരു ഇംഗ്ലീഷ് വാക്യം അതിങ്ങനെയാണ് നിങ്ങൾക്കറിയാം Call upon me in the day of your trouble. I will deliver thee and thou shalt glorify my name. Malayalam, Vedavusulayam patikkinan ump English anna patikkinan ump English anna patikkinan patikkinan ump English anna patikkinan karenam anna uh, varu, varu almanek, varu kalendariil ee vakyam natukkai edithi kandu. adukun nankam patikkinan patikkinan paikkinan patikkinan jivetavallaha swadhiniccu. yendun mriyavile yan skool lhegib ovum khol ee vakyam അത് നോക്കിയൊന്ന് വായിച്ചിട്ട് പോകും കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നും രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് അവിടെ ചുമരിൽ വെച്ചിരിക്കുന്ന കലണ്ടറിൽ നോക്കിയിട്ട് ഈ വാക്യം ഞാൻ വായിക്കും അങ്ങനെ വായിച്ച് വായിച്ച് കാണാതെ പഠിച്ചു നിന്റെ കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ മഹത്വപ്പെടുത്തുകയും ചെയ്യും കാരണം ഞാൻ കഷ്ടത മനുഷ്യനാണ് ഞാൻ ദുരിതമനുഭവിച്ച മനുഷ്യനാണ് മനസ്സ് നൊന്ത് വളർന്ന മനുഷ്യനാണ് അക്കാര്യോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാം ഒരു വയസ്സിലെ അപ്പൻ മരിച്ചു രണ്ടാമത്തെ വയസ്സിലെ ചേട്ടനും മരിച്ചു എന്റെ അപ്പൻ മുപ്പത്തിമൂന്ന് വയസ്സേ അപ്പനൊന്നുണ്ടായിരുന്നുള്ളു മരിക്കുമ്പോൾ എന്റെ അമ്മയ്ക്ക് അന്ന് മുപ്പത് വയസ്സേ പ്രായം ഉണ്ടായി പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവുമായി കണ്ണീരും കൈയ്യുമായി വളർന്നു മനുഷ്യൻ അന്ന് എനിക്ക് ദൈവം കൂടിയേ കഴിയുമായിരുന്നുള്ളൂ ദൈവം എനിക്ക് അത്യാവശ്യമായിരുന്നു എനിക്ക് സഹായം വേണമായിരുന്നു ഞാൻ ഒരു അനാഥനെപ്പോലെ കഴിഞ്ഞവനായിരുന്നു ആരും ഒരു തുണയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞവനായിരുന്നു എനിക്ക് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വേദനിച്ചവനായിരുന്നു എന്റെ കാര്യം കാണാൻ ആരുമില്ലല്ലോ എന്ന് എന്റെ വേദന കാണാൻ ആരുമില്ലല്ലോ എന്ന് എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ എന്റെ വീട്ടുകാർ സഹായിച്ചിട്ടുണ്ട് എന്റെ ബന്ധുക്കാര് സഹായിച്ചിട്ടുണ്ട് എന്റെ സ്വന്തക്കാർ സഹായിച്ചിട്ടുണ്ട് അവരിൽ നിന്നെനിക്ക് നന്മയെ കിട്ടിയിട്ടുള്ളൂ എന്നാലും ഞാൻ അപ്പനില്ലാത്ത മകനെന്നുള്ള ഒരു അപകർഷതാ ബോധം എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരപകർഷതാ ബോധം സ്നേഹിതരെ നിങ്ങൾ പറയട്ടെ അതുകൊണ്ട് ആ വാക്യം എന്നെ നല്ലതുപോലെ സ്വാധീനിച്ചു കോൾ അപ്പോൾ മീ ഇൻ ദ ഡേ ഓഫ് യുർ ട്രബിൾ ഐ വിൽ ഡെലിവർ ദി എൻ ദാൽ ഗ്ലോറിഫൈ മൈനെയും നിന്റെ കഷ്ടകാലത്ത് എന്നെ ഞാൻ നിന്നെ വിടുപ്പിക്കുകയും നീ മഹത്വപ്പെടുത്തുകയും ചെയ്യും സഹോദരങ്ങളെ കഷ്ടപ്പാടിൽ താങ്ങാൻ ദൈവമുണ്ടെന്ന് ഒരു ഉറപ്പ് എനിക്ക് കിട്ടി പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്ന് ഒരു വിശ്വാസം എനിക്ക് കിട്ടി ഞാൻ കണ്ണീരോഗോടെ പ്രാർത്ഥിച്ചു ഞാൻ ദൈവസനത്തിൽ കരയാൻ തുടങ്ങി ഞാൻ ദൈവസനിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കും സ്കൂളിൽ നിന്ന് വരുമ്പോൾ പ്രാർത്ഥിക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കും പോയിരിക്കുമ്പോഴല്ല ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് മുൻപ് കൊച്ചുകുട്ടിയായിരുന്ന കാലത്താണ് കാര്യം പറയുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് മുൻപ് ഞാന് അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിയിൽ അത് എന്റെ അമ്മ കിടക്കുന്ന മുറിയാണ് പ്രാർത്ഥിക്കുന്ന മുറിയിൽ അവിടെ ചെന്ന് കേഴക്കോട് തിരിഞ്ഞു നിന്ന് കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ടേ ഭക്ഷണം കഴിക്കാൻ വരുമായിരുന്നുള്ളൂ ദൈവത്തിന്റെ സ്തോത്രം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പോയി ഞാൻ ആ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അത് അത് പുസ്തകത്തിലുള്ള പ്രാർത്ഥനാ പ്രാർത്ഥനയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാണാതെ പിടിച്ചു പോയി ദൈവത്തിന്റെ സ്തോത്രം ഇന്ദ്രാതെ പറഞ്ഞതെന്നറിയാമോ പ്രിയപ്പെട്ടവരെ എനിക്ക് ദൈവം വേണമായിരുന്നു എനിക്കൊരു സഹായം കൂടിയഴിയുമായിരുന്നുള്ളൂ എനിക്ക് യേശു അത്യാവശ്യമായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് പതിനേഴാമത്തെ വയസ്സിൽ യേശു എന്നെ കടന്നു പിടിച്ചത് പതിനേഴാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ഞങ്ങൾ ഇടവപ്പള്ളിയിൽ ഇരിക്കുമ്പോൾ അപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് യേശു എന്നെ വന്ന് എന്റെ പിറയിലൂടെ വന്ന് എന്നെ പിടിച്ചതെ മാറോട് ദൈവത്തിന്റെ സ്തോത്രം ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ മാ റോഡ് പറഞ്ഞാൽ നിങ്ങൾക്കും എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം പരമസത്യമാണ് ഞാൻ ഇവിടെ എഴുന്നേൽക്കുന്നതിന് മുൻപ് നിങ്ങൾക്കറിയാമോ ഞാൻ ഇവിടെ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നതിന് മുൻപ് ഞാൻ ഇവിടെ കസരി ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കർത്താവെ നിന്റെ തൃക്കരം എന്റെ നെറ്റിമേൽ വെച്ച് എന്നെ വാഴ്ത്തിയിട്ട് എഴുന്നേൽപ്പിച്ചു വിടണമേയെന്ന് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ഞാൻ പറഞ്ഞു കർത്താവെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ നിന്റെ കുരിശ് മുൻപേ ഒന്ന് നിൽക്കണം ജനം നിന്റെ കുരിശിലെ രക്ഷ കാണണം ദൈവത്തിന് സ്തോത്രം ഞാൻ പറഞ്ഞു കരണിയുള്ള കർത്താവെ നിന്നെ തിരുവിലാവിനുള്ളിൽ എന്നെ ഞങ്ങൾ ഒളിച്ചു വെക്കണം എന്നിട്ട് നിന്നേ ലോകം കാണണം ദൈവത്തിന് സ്തോത്രം സ്നേഹിതരെ ഏതുകൊണ്ട് പറയട്ടെ യേശുവിനെ ഉയർത്തുന്നതാണ് എന്റെ പരമസന്തോഷം യേശുവിനെ ഉയർത്തുന്നത് യേശുവിന്റെ കുരിശിന്റെ രക്ഷാ സന്ദേശം അറിയിക്കുന്നത് അതാണ് എന്റെ ജീവിത ദൈവത്തിന് സ്തോത്രം അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും എന്ത് യാതന സഹിക്കാനും എന്താക്ഷേപമേൽക്കാനും ഒരു മടിയുമില്ലാതെ ഇറങ്ങി പുറപ്പെടാൻ കർത്താവിനിക്കൊരു ഭാഗ്യം തന്നു ദൈവത്തിന് സ്തോത്രം യേശുവിന്റെ നാമത്തിലിറങ്ങുവാൻ ആക്ഷേപങ്ങൾ സഹിക്കുവാൻ പരിഹാസങ്ങൾ ഏൽക്കുവാൻ അനേകമനേകം ചെളിവാരി അറിയലുകളേറ്റ് ദൈവമേ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ കഷ്ടത വഹിപ്പാൻ കർത്താവിനു ഭാഗ്യം തന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചിന്തിക്കു പോലും ചെയ്യാത്ത കാര്യങ്ങൾ ആളുകളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒട്ടും ചൂടാതെ കുരിശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കാൻ കർത്താവിന് കൃപ തന്നു ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്കും ഈ യേശുവിനെ എത്തിപ്പിടിക്കാം യേശു നിങ്ങളുടെ അരിഹത്തുണ്ട് നിങ്ങളുടെ ഉള്ളു തുറന്ന് യേശുനോട് പറയാം കർത്താവേ എനിക്ക് നീ ഒരത്യാവശ്യമാണ് എനിക്ക് നീ കൂടിയേ കഴിയൂ എന്റെ ജീവിതത്തെ നീ ഇല്ലാതെ എന്റെ ജീവിതം ഭാസ്വരമാവുകയില്ല നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതം പൂജ്യമാണ് കർത്താവേ നീ ഇല്ലെങ്കിൽ എന്റെ നേട്ടങ്ങളെല്ലാം വെറും കോട്ടങ്ങളാണ് കർത്താവേ നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയതെല്ലാം വെറും പൂജ്യമാണ് കർത്താവേ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം യേശുവേ നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതം പൂജ്യമാണ് കർത്താവേ വെറും ചരൽ കല്ലിന് തുല്യമാണ് കർത്താവേ എല്ലാം എല്ലാം പൂജ്യം എന്നാൽ നീയാണ് സത്യം നീയാണ് സനാതന സത്യം നീയാണ് എന്നും എനിക്ക് ഉണ്മ്മയായിട്ടുള്ളത് ഞാൻ നിന്നെ വിശ്വസിക്കുന്ന കർത്താവെ നീ എന്റെ അരികത്ത് വന്നിരിക്കുന്ന ഈ സമയം ഞാൻ നിന്നെ വിളിക്കുകയാണ് കഷ്ടകാലത്തിനെ വിളിക്കുകയാണ് ഞാൻ വില കെട്ടവനാണ് ഞാൻ വില കുറഞ്ഞവനാണ് ഞാൻ ആരോഗ്യം ഇല്ലാത്തവനാണ് ഞാൻ ബലം കുറഞ്ഞവനാണ് ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് ഞാൻ പൈസ ഇല്ലാത്തവനാണ് ഞാൻ വരുമാനം സൗന്ദര്യം ഇല്ലാത്തവനാണ് യേശുവെ നീ താങ്ങിയെ പറ്റൂ തുണയച്ചവനായി ഞാനിതാ നിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് ആശയച്ചവനായി ഞാനിതാ അതിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവളായി ഞാനിതാതിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് ദുഃഖപുത്രിയായി ഞാനിതാ വന്നിരിക്കുകയാണ് ആശ്വാസം തേടി നാഥ ഞാൻ നിന്റെ അരികിലേക്ക് വരികയാണ് എന്നെ നീ തലോടണമേ എന്റെ കണ്ണുനീര് തുടയ്ക്കണമേ എന്നെ മേന്ദിന് തീർക്കാനും വെക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂസ് പ്രാർത്ഥിച്ചു വായിക്കാം ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർവിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെയിരുന്ന് അനർഥമെനിക്ക് വ്യസന കാരണമായി തീരാതെ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അഞ്ചു കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം പിടിച്ചു വാങ്ങുകയാണ് പിടിച്ചു വാങ്ങുകയാണ് അനുഗ്രഹിച്ച് പറ്റൂ എന്ന് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം വശം കിട്ടു ഞാനൊരു ദുഃഖപുത്രനാണ് ഞാൻ കൈ എനിക്ക് നടക്കാൻ വയ്യ പ്രായമായി വരുംതോറും എന്റെ ബലഹീനത കൂടിക്കൂടി വരുന്നു പ്രായമായി വരികയാണ് എനിക്ക് ഒന്ന് നിരങ്ങാൻ പോലും പറ്റുന്നില്ല എനിക്ക് ഒന്ന് നിൽക്കാൻ പറ്റുന്നില്ല എന്തിനും ആരുടെങ്കിലും സഹായം വേണം കർത്താവേ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം സ്നേഹിതരെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്കിപ്പോൾ ദൈവത്തോട് പറയാ നിങ്ങൾക്കൊക്കെ പറയാം എല്ലാവർക്കും പറയാം അവരവർക്കുള്ളിൽ പറയാം കർത്താവേ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം നീ എന്നെ അനുഗ്രഹിക്കാതെ കടന്നു പോകാൻ പാടില്ല പിടിച്ചു നിർത്തണം നിങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം നിർബന്ധമായി പറയണം നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം ഞാൻ തളർന്നിരിക്കുകയാണ് കർത്താവെ ഞാൻ തകർന്നിരിക്കുകയാണ് കർത്താവെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ് കർത്താവെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം ദൈവത്തിന് സ്ത്രോത്രം നിങ്ങൾ ഒട്ടും സംശയിക്കാതെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് ഭൗതിക അനുഗ്രഹങ്ങളാണോ ആത്മീയ അനുഗ്രഹങ്ങളാണോ എന്തെല്ലാമാണ് നിങ്ങൾക്ക് വേണ്ടത് ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ അപേക്ഷിക്കൂ യേശുവേ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ എന്റെ മേൽ നിരതിർക്കരം വെക്കണമേ എന്നോട് നീ മനസ്സറിയണമേ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ നീ എന്നെ അനുഗ്രഹിക്കാതെ കടന്നു പോകല്ലേ ോട് നീ മനസ് തെലിഞ്ഞെ അനുഗ്രഹിക്കണമേ നിശ്ചയമായി അനുഗ്രഹിക്കണം ദൈവത്തിന് സ്ത്രോത്രം പിടിച്ചു വാങ്ങുകയാണ് നിർബന്ധിച്ച് മേടിക്കുകയാണ് സ്നേഹിത നിന്റെ അരികത്ത് വന്നിരിക്കുന്ന സമയം നീ പറയൂ അവനോട് അവൻ നിന്റെ അരികത്ത് ചേർന്ന് നിൽപ്പുണ്ട് നിന്റെ ഹൃദയഭാരം കാണാൻ അവൻ അടുത്തു വന്ന് നിൽക്കുന്നുണ്ട് നിന്റെ ഹൃദയഭാരം ഒപ്പി മാറ്റാൻ അവൻ അടുത്തു വന്ന് നിൽക്കുന്നുണ്ട് നിന്റെ ഹൃദയഭാരം തന്നെ ഏറ്റെടുക്കുവാൻ അവന്താ നിന്റെ അരികത്ത് വന്നിട്ടുണ്ട് ചുമട് ചുവന്ന് നീ വലയണ്ട നീ നീ പാണ്ടൻ ചുവന്നുകൊണ്ട് വിഷമിക്കണ്ട ഈ ചുമടും പേര് നീ വിഷമിച്ച് നടക്കണ്ട കൂനിക്കൂനി നടക്കേണ്ട മകളെ നിന്റെ ചുമട് നീ താഴെ വെക്കൂ അത് കുരിശിൻ ചൂട്ടിലേക്ക് വെച്ചുകൊള്ളു കുരിശിലേറിയവനത് നീ വിശ്വസിക്കൂ നിന്റെ ഭാരം ചുമക്കാനാണ് അവൻ കുരിശ് ചുമന്നത് നിന്റെ ചുമടുകൾ ഏൽക്കാനാണ് അവൻ കുരിശു വന്നുകൊണ്ട് ഗോകുൽത്താക്കുന്ന് നിന്റെ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കാനാണ് അവൻ കുരിശ് തോളിലേച്ചത് ഇത് നീ വിശ്വസിക്കൂ അവൻ ഇത് അതിന്റെ വന്നിരിക്കുകയാണ് അവൻ നിന സമീപത്ത് നിൽക്കുന്നുണ്ട് അവനോട് പറയൂ നിശ്ചയമായി എന്നെ എന്നെ അനുഗ്രഹിക്കാൻ നീ കടന്നു പോകല്ലേ എന്റെ വേദനകരം വെക്കണമേ അരികത്ത് വന്നിരിക്കുന്നില്ല കർത്താവേ എന്നെ നീ അനുഗ്രഹിക്കണമേ ഫൈവത്തിന് ദൈവത്തിന്റെ വലിയ നാമം ബഹുത്തപ്പെടട്ടെ ഒന്ന് എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം രണ്ടാമത്തെ കാര്യം എന്താണ് അവർ വിസ്താരമാക്കുകയും ദൈവത്തിന് സ്തോത്രം എനിക്ക് എന്റെ അതിരൊന്ന് വിസ്താരമാക്കി തരണം അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് അതിങ്ങനെയായിരിക്കണം പക്ഷേ ഈ അഭ്യാസിന്റെ അപ്പനാരണം നമുക്ക് അറിയാൻ പാടില്ല അമ്മയാരാണെന്ന് അറിയാൻ പാടില്ല പക്ഷേ അപ്പൻ വിചാരിച്ചു കാണും മറ്റു മക്കൾക്കൊക്കെ വീതിച്ചു കൊടുത്താൽ മതി ഇവനെന്നെ വല്ലതും ചെയ്യാൻ കഴിവിട്ടില്ലല്ലോ ഇവനൊന്നും കൊടുക്കണ്ട ഇവനെ പ്രത്യേകിച്ചൊന്നും കൊടുക്കണ്ട അവൻ നമ്മൾ കിടക്കുന്നിടത്ത് നമ്മുടെ കൂടെ കിടന്നോട്ടെ അവനെ തറവാട്ടിൽ നമ്മുടെ കൂടെ കഴിഞ്ഞോട്ടെ മറ്റു മക്കൾക്കൊക്കെ വീതിച്ചു കൊടുക്കാം അവന് വേദവസിലില്ല കേട്ടോ വേദവസില് അങ്ങനെയൊന്നും ഇല്ല ഇവന് അതിരെന്നു പറയാനൊന്നുമില്ല ആകെ ഒരു തുണ്ട് ഭൂമി എന്താണ് ആ കിടപ്പാടം മാത്രം അവിടെ കിടക്കാനൊരു അവകാശം അവിടെ കിടക്കാം അപ്പനും അമ്മയുണ്ടല്ലോ അവിടെ കിടക്കാം അവന് സഹോദരിമാർക്കെല്ലാം വീതിച്ചു കിട്ടി ജൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ ചിലരെല്ലാം ഉള് വിങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സഹോദരിമാർക്കൊക്കെ വീതിച്ചു കൊടുത്തു അപ്പൻ വീതിച്ചപ്പോൾ എന്നെ ഗവനിച്ചില്ല അപ്പൻ തന്നപ്പോഴ് എന്റെ കാര്യം നോക്കിയില്ല കാരണം ഞാൻ അവസനല്ലേ ഞാൻ രോഗിയല്ലേ ഓ എന്നെ ഞാൻ ഗവനിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അപ്പനും അമ്മയ്ക്കും എന്നെ വിലയില്ലായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം ഈ അബ്യാസ് പറയുകയാണ് നീ എൻറെ അതിരെ വിശാലമാക്കി തരണം എന്റെ അതിര വിശാലമാക്കി തരണം എന്റെ അതിരെ വിശാലമാക്കി തരണം നിശ്ചയമായി അനുഗ്രഹിക്കണം എന്റെ അതിരെ നീ വിശാലമാക്കി തരണം അതിരുകൾ വിശാലമാക്കുക ദൈവത്തിന്റെ സ്തോത്രം എന്താണ് ഇതിന്റെ അർത്ഥം ഈ ഭൂമിയിലെ ഭൂമിയുടെ വസ്തുവകയുടെ അതിരിന്റെ കാര്യമായിരിക്കണം എന്നില്ല ജീവിതത്തിന്റെ മേഖലകൾ വിസ്താരമാക്കുക ജീവിതത്തിന്റെ വിവിധ പ്രവർത്തന മണ്ഡലങ്ങൾ വിസ്താരമാക്കുക ദൈവ ഇതിലെ നീ ഇന്ന് ചുരുങ്ങിയിരിക്കുകയാണ് നീ ഇടുക്കമുള്ളവനായിരിക്കുകയാണ് നിന്റെ അതിര ഇന്ന് വളരെ ഇടുങ്ങിയിരിക്കുകയാണ് നിനക്ക് വിശാലതയിലേക്ക് കാൽ വയ്ക്കാൻ ഒക്കുന്നില്ല നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല നിന്റെ ഗതികളെല്ലാം നടന്നു നിൽക്കുകയാണ് അതിന് വിശാലമല്ല ദൈവത്തിന് സ്തോത്രം പ്രതീക്ഷകളൊന്നും ഏറെയില്ല വലിയ പ്രതീക്ഷകൾക്ക് ആവശ്യമില്ല വലിയ പ്രതീക്ഷകൾക്ക് സാധ്യതയില്ല നീ ഇന്ന് മനസ്സ് നൊന്ത് കഴിയുകയാണ് നിരാശമുറ്റിക്കഴിയുകയാണ് എന്നാൽ നിനക്ക് പറയാം ദൈവത്തോട് കർത്താവേ ഇന്നുള്ള അതിന് പോരാ എനിക്കെന്റെ അതിന് നീ വിശാലമാക്കി തരണം ദൈവത്തിന് സ്തോത്രം എന്റെ അതിരെ നി വിശാലമാക്കി തരണം ദൈവത്തിന് സ്ത്രോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹത്തപ്പെട്ട് എന്റെ അതിർ നീ വിശാലമാക്കി തരണം സഹോദരീ സഹോദരങ്ങളെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതിർ വിശാലമാക്കി തരണമേയെന്ന് എന്റെ വിദ്യാഭ്യാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് എന്റെ മക്കളുടെ വിദ്യാഭ്യാസം വർദ്ധിപ്പിച്ചു തരണമേയെന്ന് എന്റെ മക്കളുടെ ജീവിത സൌകര്യം വർദ്ധിപ്പിച്ചു തരണമേയെന്ന് എന്റെ ആത്മീയ വേലകൾക്കി തരണമേയെന്ന് എന്റെ വേലസ്ഥാനം വിശാലമാക്കി തരണമേയെന്ന് എന്റെ ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ വിശാലത വർദ്ധിപ്പിച്ചു തരണമേ എന്റെ ആത്മീയ ജീവിതത്തിന്റെ സമർപ്പണത്തിന് വിശാലത വർദ്ധിപ്പിച്ചു തരണമേ എന്ന് എന്റെ ദുസ്വഭാവങ്ങൾ മാറി സൽ സ്വഭാവത്തിന് വിശാലത വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക എന്റെ അതിഥി വിശാലമാക്കി തരണമേ കർത്താവേ ഇന്നൊരു ചെറിയ ചുറ്റുവട്ടത്തിലാണ് അവിടെ നിന്നാൽ പോരാ എനിക്ക് വളരണം എനിക്ക് ഉയരണം എനിക്ക് വിശാലമാകണം എനിക്ക് ഇത്രയും ചുറ്റുവട്ടത്തിൽ നിന്നാൽ പോരാ എനിക്ക് വിശാലതയിലേക്ക് കാലുവെക്കണം വിശാലതയിലേക്ക് എന്റെ അതിന് നീ വിസ്താരമാക്കി തരണം ദൈവജനമേ നിങ്ങൾ പറഞ്ഞോ ദൈവത്തോട് നിങ്ങൾ ചോദിച്ചോ ദൈവത്തോട് നിങ്ങൾ എരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾ ഉള്ളു തുറന്ന് പറഞ്ഞോ കർത്താവേ എന്റെ അതിന് വിശാലമാക്കി തരണം ഞാൻ നീ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് വിവാഹാലോചനകൾ വരുന്നില്ല കർത്താവേ എന്നെ ആർക്കും വേണ്ട ആരും തിരിഞ്ഞ് നോക്കുന്നില്ല എന്നെ ആരും നോക്കുന്നില്ല എനിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പൈസയില്ല ശ്രീധനം കൊടുക്കാൻ എന്റെ കയ്യിൽ രൂപയില്ല എന്റെ ദൈവമേ എന്റെ അതിന് നീ വിശാലമാക്കി തരണം നീ തന്നാലേ ഒള്ളു കർത്താവേ എന്റെ അതിർ നീ വിശാലമാക്കി തരണം എന്തെല്ലാം പറയാനുണ്ട് ഞാൻ ഈ പറഞ്ഞതല്ല ഭൗതിക കാര്യങ്ങളല്ലേ ആത്മീയ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇനിയും നിങ്ങൾക്ക് വിശാലത ചോദിക്കാം വിശാലതകൾ എന്റെ ദൈവത്തിന് സ്തോത്രം ആത്മീയ മണ്ഡലത്തിന് വിശാലതകൾ ചോദിച്ചു വാങ്ങണം പ്രിയപ്പെട്ടവരെ ആത്മീയ മണ്ഡലത്തിലേക്ക് വന്നിട്ട് വിശാലതകൾ തരണമേ എന്ന് പ്രാർത്ഥിക്കണം അതിരീ വിശാലമാക്കണമേ കർത്താവേ ഇന്ന് ഞാനൊരു ചെറിയ ചുറ്റുവട്ടത്തിനകത്ത് ഒതുങ്ങി നിൽക്കുകയാണ് ആത്മീയത്തിൽ ഒരു ചെറിയ പരിധിയിൽ അത്രക്കേ ഉള്ളൂ ആത്മീയ പരിജ്ഞാനത്രക്കേ ഉള്ളൂ ആത്മീയ വേല അത്രക്കേ ഉള്ളൂ വലിയ സമർപ്പണമൊന്നും ആയിട്ടില്ല കർത്താവേ ഇന്നും ചില ദുശീലങ്ങളൊക്കെ ഉണ്ട് ഇന്നും ചില ദുസ്വഭാവങ്ങളുണ്ട് ഇന്നും കോപം വിട്ട് മാറിയിട്ടില്ല ഇന്നും ഞാൻ തോൽക്കുന്ന ചില പാവങ്ങളുണ്ട് അതിന് നീ ഒന്ന് വിശാലമാക്കി തരണം ഒരു ജയ ജീവിതം നീ എനിക്ക് തരണം ഇന്ന് ഇനി എനിക്ക് എന്റെ കർത്താവെ വാശി പിടിക്കാൻ പറ്റുകയില്ല കോപിക്കാൻ പറ്റുകയില്ല മുഷിയാൻ പറ്റുകയില്ല എനിക്ക് വൈരാഗ്യപ്പെടാൻ പറ്റുകയില്ല എനിക്ക് ഇനിയും എന്റെ കർത്താവെ തെറ്റിലേക്ക് പോകാൻ സാധിക്കുകയില്ല ഇനി ഒരാറ്റം പോലും പാപത്തിന് ഞാനിടം കൊടുക്കുകയില്ല അതിന് നീ തരണമേ ആത്മീ അതിരുകൾ വിശാലമാകാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ആത്മീ അതിരുകൾ വിശാലമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയരെ എന്നാൽ യേശു അരികത്ത് വന്നിട്ടുണ്ട് അതിന് വിശാലമാക്കി തരുവാൻ ക്രിസ്തു നിങ്ങൾ എരികത്ത് വന്ന് നിങ്ങളുടെ മേൽ തന്നെ കരം വയ്ക്കുവാൻ ആണിപ്പാടുള്ള കരം നിങ്ങളെ നീട്ടുന്നുണ്ട് എന്നെ നീ നിശ്ചയമായി അനുഗ്രഹിക്കണം എന്റെ അതിരെ നീ വിശാലമാക്കി തരണം മൂന്നാമത്തെ കാര്യം എന്താണ് നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എന്റെ ദൈവമേ നിന്റെ കൈ എന്നോട് കൂടെയിരിക്കണം ഞാൻ പോകുന്നിടത്തെല്ലാം നിന്റെ കൈ എന്നോടുകൂടെയിരിക്കണം നിങ്ങൾക്ക് പറയാം കർത്താവേ എന്റെ പകലും എന്റെ നിന്റെ കൈ എന്നോട് കൂടെയിരിക്കണം ഉറങ്ങുമ്പോൾ നിന്റെ കൈ എന്നോട് കൂടിയിരിക്കണം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ നിന്റെ കൈ എന്നോട് കൂടി ഇരിക്കണം ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നിന്റെ കൈ എന്നോട് കൂടി ഇരിക്കണം ഞാൻ റബ്ബർ വിട്ടാ പറമ്പിലേക്ക് പോകുമ്പോൾ നിന്റെ കൈ എന്നോട് കൂടി ഇരിക്കണം അടുക്കളയിൽ പാത്രം കഴുകുമ്പോൾ നിന്റെ കൈ എന്നോട് കൂടിയിരിക്കണം കർത്താവെ ഞാൻ കറിക്ക് നോറുക്കുമ്പോൾ നിന്റെ കൈ എന്നോട് കൂടിയിരിക്കണം യേശുവേ ഞാൻ യാത്ര ചെയ്യുമ്പോൾ നിന്റെ കൈ എന്നോട് കൂടി നിന്റെ േ ദൈവത്തിന്റെ കൈ കൂടെ ഇരിക്കുന്ന അനുഭവം ദൈവത്തിന്റെ കൈ കൂടെ ഉണ്ടെങ്കിൽ മകനെ നീ പരീക്ഷാ ഹോളിൽ ദൈവത്തിന്റെ കൈ നിനത്താങ്ങും ദൈവീഫീസിലിരിക്കുമ്പോൾ ദൈവം നിനക്ക് ബുദ്ധി തരും നിനക്ക് പ്രാപ്തി തരും നിനക്ക് കഴിവ് നിനക്ക് ശക്തി തരും ദൈവത്തിന്റെ സ്തോത്രം അത്ഭുതകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും കുടുംബജീവിതം സ്വസ്ഥതയുള്ളതായി തീരും ഭാര്യാപത്ര ബന്ധം ദൃഢമായി തീരും അവിടെയുള്ള സ്നേഹം ഊഷ്മളമായിരിക്കും അവിടെയുള്ള സ്നേഹം നല്ല ചൂടുള്ള സ്നേഹമായിരിക്കും അവിടെ ആന്തരികമായ സൗഹൃദത്തിന്റെ അത്ഭുതകരമായ അനുഭവ സംജാതമാകും പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്തോത്രം ഒന്ന് നീ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം രണ്ട് നീ എന്ത് അതിന് വിശാലമാക്കണം മൂന്ന് കൈ എന്നോടുക അനർഥമെനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുത് എനിക്ക് വന്നിരിക്കുന്ന അനർത്ഥമില്ല കർത്താവേ അതെനിക്ക് വ്യസനിക്കാനുള്ള വകരുത് അനർത്ഥമുണ്ട് പക്ഷെ അതെനിക്ക് വ്യസനിക്കാനടയാക്കരുത് അനർത്ഥമെനിക്ക് വ്യസന കാരണമായി തീരരുത് എന്റെ ദൈവത്തിന്റെ സ്തോത്രം നിങ്ങൾക്ക് പലർക്കും അനർഥം വന്നില്ലേ ഇല്ലേ വന്നില്ലേ വലിയ നഷ്ടം വന്നവരില്ലേ ബിസിനസ് പൊളിഞ്ഞു ബിസിനസ്സിൽ കനത്ത നഷ്ടം വന്നവരില്ലേ ഷെയർ ബിസിനസ്സിൽ വലിയ തോലിവന്നവരില്ലേ പൈസ ഒരുപടി കളഞ്ഞു പോയവരില്ലേ എല്ലാം തീർന്നുപോയവരില്ലേ നല്ല പണം ഉണ്ടായിരുന്നു എല്ലാം ഏതാനും ദിവസം കൊണ്ട് എല്ലാം പൊളിഞ്ഞു പോയവരില്ലേ ദൈവത്തിന് വന്നു ശരിയാണ് വലിയൊരു രോഗം വന്നു ശരിയാണ് വലിയൊരു കെടുതി വന്നു ശരിയാണ് കൂട്ടുകാർ വിട്ടുപോയി ശരിയാണ് ഓ എന്റെ ദൈവമേ എന്തെല്ലാം എന്തെല്ലാം ദൈവത്തിന്റെ സ്തോത്രം അമ്മ മരിച്ചുപോയി അയ്യോ ശരിയാണ് അപ്പൻ മരിച്ചുപോയി സത്യം എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഭാര്യ മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി അനർത്ഥമാണ് കർത്താവേ ഇനി എനിക്ക് അനർത്ഥം വ്യസന കാരണമായി തീരരുത് അതിന് എന്റെ കർത്താവ് നീ എന്നോട് കൂടെ ഇരിക്കണം എന്റെ ജീവിതത്തിലൊന്ന് അനർത്ഥങ്ങളൊന്നും വ്യസന കാരണമായി തീരരുത് ദൈവത്തിന്റെ വലിയ നാമം മുഹൂർത്തപ്പെടട്ടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ പ്രിയപ്പെട്ടവരെ അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം നിങ്ങൾക്കൊരു ഐശ്വര്യകാലം തരാൻ കത്താനും കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ സ്നേഹിതരെ നിങ്ങൾ ഇപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുകയാണല്ലോ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ പലദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട് യാത്ര ചെയ്ത് ക്ലേശിച്ചു വന്നവരുണ്ട് പ്രയാസം അനുഭവിച്ചു വന്നവരുണ്ട് പലതരം ഈ ത്യാഗങ്ങൾ സഹിച്ചു വന്നവരുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരത്ഭുതം നടത്താൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന അനർത്ഥം വികസന കാരണമായി തീരാതെ അനർത്ഥം നിങ്ങൾക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ കർത്താവ് പോവുകയാണ് കർത്താവ് ഇത പ്രവർത്തിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന അനർത്ഥങ്ങളെല്ലാം നന്മയ്ക്കായി മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് വന്ന നഷ്ടങ്ങൾ നിങ്ങൾക്കൊന്ന തോൽവികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ നിങ്ങൾക്ക് വന്ന കെടുതികൾ നിങ്ങൾക്കൊന്ന് അനർത്ഥങ്ങൾ നിങ്ങൾക്ക് വന്ന് അനേകം അനേകം പ്രതിസന്ധികൾ എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ ഏശു പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കൂ നന്മയ്ക്ക് അയക്കി തീർക്കാൻ ക്രിസ്തുവിന് കഴിയും എല്ലാം നന്മയ്ക്ക് ദൈവം വിശ്വസിക്കൂ എല്ലാം നന്മയ്ക്ക് മരണം വന്നതും നന്മയ്ക്ക് പ്രിയപ്പെട്ടവർ വിട്ടുപോയതും നന്മയ്ക്ക് പൈസ നഷ്ടപ്പെട്ടത് നന്മയ്ക്ക് വലിയ ദോഷങ്ങൾ സംഭവിച്ചത് നന്മയ്ക്ക് വലിയ നഷ്ടങ്ങൾ വന്നത് നന്മയ്ക്ക് വലിയ കഷ്ടങ്ങൾ വന്നത് നന്മക്ക് അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം എല്ലാം നന്മയ്ക്കാക്കി മാറ്റി തീർക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഈ രാത്രി പ്രവർത്തിക്കാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കൂ അവന്റെ കാര്യം നിങ്ങൾ നേരെ നീട്ടിയിട്ടുണ്ട് അവന്റെ കാര്യം ഉയർന്നിരിക്കുന്നുണ്ട് അവൻ നിങ്ങളെ തഴുകാൻ തയ്യാറായി നിൽക്കുകയാണ് അവന്റെ ക്രമ നിങ്ങളെ തലോടുവാൻ ഇതാ താണു വരികയാണ് ഒരു കാര്യം കൂടി അവസാനത്തെ കാര്യം എന്താണ് എന്നെ കാക്കുകയും ചെയ്താൽ നീ എന്നെ കാക്കുകയും ചെയ്യണം എന്നെ നീ പരിപാലിക്കണം കർത്താവെ എന്നെ മറ്റാരെല്ലാം പരിപാലിച്ചാലും പരിപാലനം ആവില്ല നീ എന്നെ കാക്കണം എന്റെ കർത്താവിന് സ്തോത്രം എന്നെ കാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചു ദൈവത്തിന് സ്തോത്രം നിങ്ങളെല്ലാവരും നിവർന്നിരുന്നേ ഒന്ന് നിവർന്നിരുന്നേ എന്റെ കർത്താവിന് സ്തോത്രം കർത്താവ് ചിലതെല്ലാം പ്രവർത്തിക്കാൻ പോവുകയാണ് എന്റെ ദൈവമേ ദൈവത്തിന്റെ സ്തോത്രം നിങ്ങളിൽ ചെറുതെല്ലാം പ്രവർത്തിക്കാൻ പോവുകയാണ് നിങ്ങൾക്കുവന്ന രോഗങ്ങൾ അനർത്ഥം അത് വ്യസനകരണമായി തീരാതെ കർത്താവ് നിങ്ങൾ നിശ്ചയമായി അനുഗ്രഹിക്കാൻ പോവുകയാണ് നിങ്ങളുടെ അതിര് വിശാലമാക്കാൻ പോവുകയാണ് കർത്താവ് നിങ്ങളോട് പോവുകയാണ് അവന്റെ കൈ നിങ്ങളെ നടത്താൻ പോവുകയാണ് അവൻ നിങ്ങളെ അത്ഭുതകരമായ അനുഭവത്തിലേക്ക് നടത്താൻ പോവുകയാണ് നിങ്ങൾക്ക് മാന്യത തരാൻ പോവുകയാണ് ഹലോയ ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ സ്തോത്രം വെറും പ്രസംഗം കേൾക്കാനിരിക്കുകയല്ല ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ് ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ് കരുണയുള്ള കർത്താവ് നിങ്ങൾ ചില വീര്യങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അതിശയങ്ങൾ നടക്കാൻ പോവുകയാണ് മാറാവ്യാധികൾ മാറാൻ പോവുകയാണ് രോഗങ്ങൾ നീങ്ങാൻ പോവുകയാണ് അത്ഭുതങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ് ഈ പന്തലും കീഴിൽ സ്വർഗത്തെ തീയിറങ്ങാൻ പോവുകയാണ് പന്തലും കീഴിലേക്ക് സ്വർഗത്തിന്റെ തേജോഗോളം വന്ന് വീഴുവ് സ്വർഗത്തിലെ ദൈവവിതാവ് വന്നിരിക്കുകയാണ് അവ നിങ്ങളേക്ക് വന്നിരിക്കുകയാണ് ദൈവജനമേ വിശ്വസിപ്പീൻ പ്രാർത്ഥിപ്പീൻ കരുണയുള്ള കർത്താവിന്റെ കരം നിങ്ങളെ തൊടാൻ പോവുകയാണ് അത്ഭുതങ്ങൾ നടക്കുകയാണ് അനർത്ഥം അതിന് വിശാലമാകും അവൻ നിങ്ങളെ മാന്യരാക്കി തീർക്കും നിശ്ചയമായി അനുഗ്രഹിക്കും അവന്റെ കരം നിങ്ങളോട് കൂടെയിരിക്കും അവന്റെ കൈ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അവൻ നിങ്ങളെ പരിപാലിക്കും അതിനൊരു വ്യവസ്ഥ മാത്രം ഒറ്റയ്ക്കൊരു വ്യവസ്ഥ മാത്രം വേറൊന്നുമില്ല വളരെ ലളിതമാണ് വളരെ ലളിതമാണ് കർത്താവ് സ്ത്രീയോട് പറഞ്ഞു നിനക്ക് ആര് ശിക്ഷ ഇല്ല കർത്താവേ നിനക്ക് ആര് ശുചോദിച്ചില്ലേ ഇല്ല കർത്താവേ കല്ലെറിയാൻ വന്നവരൊക്കെ പോയി കല്ലെറിയാൻ കൊണ്ടുവന്നതാണ് പാവകർമ്മത്തിൽ പിടിച്ചു വന്നതാണ് അവൾ പേടിച്ചുപറച്ച് നിൽക്കുകയായിരുന്നു കൊല്ലും തീർച്ച കല്ലു വന്ന് വീഴും ഉരുളം കല്ലുകൾ വീണ് ശരീരം ഉടയും ശരീരം ചോര ചീറിത്തെറിക്കും പേടിച്ചരണ്ട് നിൽക്കുകയാണ് പാവകർമ്മത്തിൽ പിടിക്കപ്പെട്ട് വന്നിരിക്കുകയാണ് മഹാപാവത്തിലാണ് പിടിക്കപ്പെട്ടത് തീർച്ചയായിട്ടും കല്ലെറിഞ്ഞു കൊല്ലും കരിഞ്ഞു കൊല്ലാൻ അധികാരമുള്ളവരുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് തൊണ്ടി സഹിതം പിടിച്ചിരിക്കുകയാണ് എന്തു ചെയ്യും മരിച്ചത് പേടിച്ചു നിൽക്കുകയാണ് കർത്താവ് അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് കർത്താവിന്റെ അടുക്കിലേക്ക് അവളെ കൊണ്ടുവന്നത് യഹൂദന്മാർ പറഞ്ഞു ഗുരു ഇവളെ പാപക്രമത്തിൽ പിടിച്ചതാണ് കല്ലറിഞ്ഞു കൊല്ലാനിലെ നിയമം ഇവളെന്ത് ചെയ്യണമെന്ന് അങ്ങയുടെ അഭിപ്രായം എന്ത് ചെയ്യണമെന്ന് അങ്ങയുടെ അഭിപ്രായം കർത്താവ് അവരൊന്ന് നോക്കി അവരങ്ങനെ ധാർമ്മിക രോഷം കൊണ്ട് നിൽക്കുകയാണ് എറിയാൻ ആവേശം കൊണ്ട് നിൽക്കുകയാണ് നാട്ടിൽ ഇങ്ങനെ അക്രമം നടക്കുകയോ വേണ്ടതിന് നടക്കുകയോ ഞങ്ങളുടെ ഈ യഹൂദന്മാരുടെ നാട്ടിൽ ഈ എറുസ്വലം ദേവാലയമുള്ള നാട്ടിൽ ഇതുപോലുള്ള അഴിമതി നടക്കുകയോ അതും അവടുക്കാൻ നോക്കുകയില്ല തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തവളെ കല്ലെറിഞ്ഞു കൊല്ലണം ഉറപ്പാണ് നല്ല ധാർമ്മിക രോഷത്തോടെ അമർഷം കൊണ്ട് നിൽക്കുകയാണ് കർത്താവ് അവരെ നോക്കി ശാന്തനായി വളരെ ശാന്തനായി കർത്താവ് നോക്കി നിൽക്കുകയാണ് കർത്താവ് പറഞ്ഞു നിങ്ങളിൽ പാവം ചെയ്യാത്തവൻ ഇവിടെ കല്ലെറിയട്ടെ പാവം ചെയ്യാത്തവൻ ഇവിടെ കല്ലെറിയട്ടെ കല്ലെറിയണം വേണമല്ലോ കല്ലെറിയണം പാവം ചെയ്യാത്തതിനുള്ളത് കല്ലറിയെ കർത്താവ് നിലത്ത് കുഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു വിരൽ കൊണ്ടെഴുതി എന്താണ് ഇപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് എഴുതുന്നത് അവരുടെ രഹസ്യപാപങ്ങൾ മണ്ണിൽ എഴുതുകയാണ് അവരുടെ രഹസ്യ മണ്ണിൽ എഴുതുന്നു രഹസ്യ പാവങ്ങൾ മണ്ണിലെഴുതുന്നു അവരുടെ മനസ്സാക്ഷി കുത്തി മനസാക്ഷി രാക്ഷവിഹേതുവായി എല്ലാവരും പോയി യേശു മാത്രം ഈ സ്ത്രീയും മുന്നിൽ സ്ത്രീ അമ്പരെ പോട നിൽക്കുകയാണ് യേശുവിനടുക്കിലേക്ക് അവൾ ആഗ്രഹിച്ചു വന്നതല്ലെങ്കിലും അവർ പിടിച്ചു കൊണ്ടുവന്നതാണെങ്കിലും വന്നത് നന്നായി അതുകൊണ്ട് രക്ഷപ്പെട്ടല്ലോ മരണം വഴിമാറിപ്പോയല്ലോ അവൾ അത്ഭുതത്തോടെ യേശുവിനുമൊന്ന് കണ്ണുപറിക്കാതെ നോക്കി നിൽക്കുകയാണ് യേശു പറഞ്ഞു സ്ത്രീയെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ ഇല്ല കർത്താവേ അവൾ വിധിമ്പിക്കൊണ്ട് പറഞ്ഞു ഇല്ല കർത്താവേ യേശുബ്രാം പറഞ്ഞു സ്ത്രീയെ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി പാവം ചെയ്യരുത് ശിക്ഷ വിധിക്കണമെങ്കിൽ വിധിക്കാൻ കല്ലെറിഞ്ഞ് കൊല്ലാൻ അവകാശമുള്ള ഒരാളുണ്ട് യേശു കാരണം യേശു പാവം ചെയ്യാത്തവനാണ് നിങ്ങളിൽ പാവം ചെയ്യാത്തവൻ ഇവിടെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ അതേ ശബ്ദം യേശു കല്ലറിയാൻ കല്ലെറിയാൻ യോഗ്യനാണ് പാവം തൊടാത്തവനാണ് എന്നാൽ യേശു പറഞ്ഞു പാവം തൊടാത്തവനായ എനിക്ക് നിന്നെ കല്ലെറിയാം നിയമപ്രകാരം ഞാൻ കല്ലെറിയാം ഞാൻ പറഞ്ഞ വാക്കനുസരിച്ചും കല്ലറിയാം പാവം ചെയ്യാത്തവനാണ് പക്ഷേ മകളെ ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി പാവം ചെയ്യരുത് അലലൂയ ഇനി പാവം ചെയ്യരുത് വ്യക്തമായിട്ടാണ് പറഞ്ഞത് പോക ഇനി പാവം ചെയ്യരുത് അവളുടെ തൊണ്ടയിൽ വാക്ക് കുടുങ്ങി അവളുടെ തൊണ്ടയിൽ നിന്നു ഇല്ല കർത്താവേ ഇല്ല ഇനി പാവം ചെയ്യില്ല അത് ഹൃദയത്തിൽ നിറഞ്ഞു വന്ന വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി അവളെ എങ്ങനെ അടിച്ചുകൊണ്ട് നിന്നു ദൈവത്തിന് സ്തോത്രം ഇന്ന് രാത്രി നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ അതിന് വിശാലമാകണമോ നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കണമോ നിങ്ങളെ ദൈവം കാക്കണമോ നിങ്ങളുടെ മേലത്തിന്റെ കരം വെക്കണമോ കൈ നിങ്ങൾക്ക് അനുകൂലമായി തീരണമോ ദൈവം അനർത്ഥം വ്യസനകാരണമായി തീരാതെ നിങ്ങളെ പരിപാലിക്കണമോ എങ്കിൽ നിങ്ങൾ യുവത്തിൽ പറയുവീ ഇനി പാവം செய்யగilla యేసువే இனி பாவம் செய்யగilla இங்க நீர் தீர்மானிக்குனட கரங்களை நிகக்கொண்ட உயர்த்தோம் ஹalleluya hallelujah hallelujah hallelujah hallelujah hallelujah hallelujah கரங்களை உங்களுக்கு வீசி கொண்ட దేవుతా స్తుతిక hallelujah hallelujah hallelujah hallelujah hallelujah hallelujah hallelujah hallelujah രോഗങ്ങൾ മാറിപ്പോകട്ടെ ബാധകൾ നീങ്ങി പോകട്ടെ പൈശാചിക ശക്തികൾ വിഭ്രമിച്ചെ ദുരൽമ ഭീതികൾ മാറട്ടെ ദുഷ്ടപിശാച ശാപങ്ങൾ നീങ്ങട്ടെ ദൈവനാമം മകുത്തപ്പെടട്ടെ അനേകം രക്ഷപ്പെടട്ടെ ഭാവികൾ മാനസാന്തരപ്പെടട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഖ്യം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഭൂതബാധകൾ മാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാപങ്ങൾ നീങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ സമാധാനം കൈവരട്ടെ താഴ്ത്തിയിടവി കരുണിയുള്ള കർത്താവൾക്കായി സ്ത്രോത്രം അപ്പോ നിന്റെ പ്രിയ മക്കളെ അവിടെ നിന്ന് വാഴ്ത്തിയതിനായി സ്തോത്രം കർത്താവേ മാന്യതയില്ലാത്ത ഞങ്ങൾക്ക് മാന്യത തരാൻ മാന്യനായി യേശു മാന്യതയില്ലാത്തവനെപ്പോലെ കുരിശിൽ മരിച്ചതിനായി സ്തോത്രം കർത്താവെ തിരു രക്തത്താൽ നിന്റെ മക്കളെ എല്ലാവരെയും മുദ്രയിടണമേ അവിടുത്തെ രണ്ടാമത്തെ വരവിൽ മുദ്രയേറ്റവരായി പറന്നുയരാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ എന്റെ കരുണയുള്ള കർത്താവേ രോഗികളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം ബന്ധനങ്ങൾ അഴിച്ചതിനായി സ്ത്രോത്രം കെട്ടികൾ പൊട്ടിച്ചതിനായി സ്ത്രോത്രം ശാപങ്ങൾ നീക്കിയതിനായി സ്ത്രോത്രം കുടുംബസമാധാനം അയച്ചതിനായി സ്തോത്രം എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം മഹത്വം രക്ഷകനായും വിശേഷം വരാനും മാത്രം യശുവിൻ നാമത്തിൽ തന്നെ ആ മീൻ